നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം ഓർക്കുക നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ തീർച്ചയായും എന്റെ ശിക്ഷ കഠിനമായിരിക്കും